അറിവില്ലാത്തവർ പറയുന്നു അള്ളാഹു സുബാനുഹുവ ചായാല നമ്മോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ദൃഷ്ടാന്തം വരാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് മുൻപുള്ളവരും ഇതേപോലെയാണ് പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾ ഒരുപോലെയാണ് ഉറച്ച വിശ്വാസമുള്ള ജനങ്ങൾക്കു വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്